മന്ത്രമാണ് നൽകീരസിനെ നിരോധിച്ചു അവന് മറുപടിയായി നൽകിയ സംസാരിക്കുന്നതാണ് ശോഭാവ മദ്യേന്ദ്രി ജനയുണ്ടി തേജി ജീവിതം അൽപ്പമേ നൃത്യഗീതോഭ മദ്യതേന്ദ്രി ജരയ തേജ അതിൽ തവ തവ മൃത്യുഗീപോഭ മദ്യസയേ തേന്ദ്രി ജനയന്തിജിസം ജീവിതമത്വമേവ മൃത്യദേവനാൽ യമദേവനാൽ പറഞ്ഞ രീതിയിൽ പ്രലോഭ്യമാനോവി പ്രലോഹിതുകൂടി പ്രലോഹി മൃത്യദേവൻ നജകേശനെ വളരെയധികം പ്രലോഭിപ്പിച്ചു എന്നിട്ടുകൂടെയും നചികേത നജികേതസ് മഹാഹരഭവത് വലിയൊരു തടാകം പോലെ വളരെ ആഴമുള്ള ഒരു തടാകം എങ്ങനെയാണോ അതിന്റെ അന്തർഭാഗം തിരമാനകളെ ശാന്തമായിരിക്കുന്നു അതുപോലെ അക്ഷോ ഒരു എങ്ങനെയാണോ അതിന്റെ ഉൾഭാഗം ശാന്തമായിരിക്കുന്നു ഇവിടെ നജികേദസ് ഗീതലോഭനങ്ങൾക്കൊന്നും മശപ്പെടാതെ അക്ഷോഭിനായി പറയുകയാണ് ശോഭാവ ശോ ഭവിഷ്യന്തി നവേദി സന്ദിഹ്യമാണ് ശോഭാം ഭാവോ ഭവനം ശോഭാവ ശുഹാന്ത നാള എന്ന ഭാവം അതിന്റെ നിലനിൽപ്പ് സ്വഭാവ എന്ന് പറഞ്ഞാൽ നിലനിർത്തു സംശയിക്കത്തക്കത് അനിശ്ചിതമായ ഭാവി അനിശ്ചിതമായ എന്നർത്ഥം ഭാവി നിശ്ചിതമുണ്ടാക്ക എല്ലാം എന്നാണ് ഇതിന്റെ ഭാവി അനിശ്ചിതമാണ് മനുഷ്യ നാളെ ഭവിഷ്യണ്ടായിരിക്കുമോ ഇല്ലയോ ഇത് സന്ധിഹ്യമാണ് ഹാ എന്ന് സന്ദേഹിക്കപ്പെടുന്ന ഏവ ഭവനം നിലനിൽപ്പ് തുയാപന്യസ്ഥാനം നീ നിർദ്ദേശിച്ചത് എല്ലാം ഭോഗാനം സ്വഭോഗ വസ്തുക്കൾ സ്വഭാവ അതെല്ലാം എന്താണ് ഭാവി നിശ്ചിതമല്ലാത്തവയാണ് ഇവിടുത്തെ ഭോഗ്യവസ്തുക്കളൊന്നും സ്ഥായി അല്ല ക്ഷണികങ്ങളാണ് ചിഞ്ച മാത്രമല്ല മർത്യസ് മനുഷ്യസ് അന്ധകാഹേ മൃത്യു അനേ മൃത്യുദേവാങ്ങയുടെ സർവേന്ദ്രിയാം തേജ സർവേന്ദ്രിയ തേജസ്സുകളുടെയും സർവേന്ദ്രിയ ശക്തികളെയും തത് ജരയന്തി പറയുന്നു അപക്ഷയന്തി ക്ഷയിപ്പിക്കുന്നു ഭോഗ്യവസ്തുക്കളുടെ അനുഭവം ആ വസ്തുക്കളെ അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളുടെ സാമർഥ്യത്തെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ തേജസിന് ശക്തിയെ നശിപ്പിക്കുകയാണ് ഈ ഭോഗ്യവസ്തുക്കൾ എന്നിട്ട് ഇന്ദ്രിയ ശേഷി ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുള്ള സമയത്ത് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ ഈ സുഖഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയത്തില്ല അക്ഷരപ്രവൃതയോ ഭനർഥായോ അക്ഷര ഭോഗവസ്തുക്കളെല്ലാം എന്താണ് അനർഥായ അനർത്ഥത്തിനുള്ളതാണ് എന്താണ് അർത്ഥങ്ങൾ ധർമ്മ വീര്യ പ്രജ്ഞ തേജു യശപ്രഭൃതി നാം ക്ഷ ഒരു ജീവന്റെ ധർമ്മത്തെ പുണ്യത്തെ വീര്യത്തെ പ്രജ്ഞയെ തേജസ്സിന് എല്ലാ പ്രകാരത്തിലുള്ള പ്രാഗൽഭ്യത്തെ യശസ്സിന് എല്ലാത്തിനെയും ചെയ്യുന്ന പ്രഭൃതി നാം തുടങ്ങിയ സർവയെയും ക്ഷപയിപ്പെടുത്തുക ക്ഷയിപ്പിക്കുന്നതാണ് സ്വഭോഗങ്ങൾ ഭോഗ്യവസ്തുക്കൾ അതിന്റെ അനുഭവം ഇങ്ങനെയെല്ലാം നശിപ്പിക്കുന്നു സർവേന്ദ്രിയാവിശ് ദീർഘീവിതം ദീർഘാവിശ്വതി നീ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ താദി ആ വിഷയത്തിൽ കേട്ടോളൂ എന്താണ് സർവജ്ഞ ബ്രഹ്മോപജീവിതം പറയും അവർ എന്ന് വരുത് ഒരു കൽപാന്തം വരയുള്ള ജീവിതമാണ് പക്ഷെ ആ ജീവിതം എന്താണോ ആയുസ് അല്പമേവ അനന്തമായ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു അനാദ്യ അനന്തമായിരിക്കുന്ന കാലം ബ്രഹ്മാവിന്റെ ആയുസ് പോലും അല്പമാണ് സുമുത അസ്മദാദി ദുർഗതി അതിന് ഈ മനുഷ്യരോഗുർഗ അത് അല്പമാണല്ലോ ക്ഷണികമാണല്ലോ എന്നത് ഒരു കൽപാന്തം വര കിട്ടിയാലും കാണ അനന്തമാണ് അവിടുത്തെ ജീവിതം വളരെ ക്ഷണികമാണ് അതുകൊണ്ട് എന്താണ് തവൈവ തിഷ്ടന്തു അങ്ങയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ വാ ഹാ ഹാ ഈ വാഹനങ്ങൾ തഥാഗ നൃത്തഗീത നൃത്തങ്ങളും ഗീതങ്ങളും എല്ലാം എന്താണ് തവൈവ തിഷ്ടന്തു ഇതെല്ലാം അങ്ങയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ആവശ്യമില്ല ഇവിടെ ബ്രഹ്മദേവൻ നദീശന് നൽകാമെന്ന് പറഞ്ഞതിനെ എല്ലാം ഇവിടെ നിഷേധിക്കുകയാണ് എല്ലാം തിരസ്കരിക്കുകയാണ് ശുഭാവ് അന്തക അല്ലയോ അന്തകങ്ങ് വാഗ്ദാനം ചെയ്ത ഈ പ്രലോഭനങ്ങളെല്ലാം ശുഭാവ മർത്യസ് മനുഷ്യന് ശുഭാവ നാളെ ഉണ്ടോ എന്ന് നിശ്ചയിക്കാൻ കഴിയാത്തവയാണ് ഇത് സർവേന്ദ്രിയാണോ സർവേന്ദ്രിയങ്ങളുടെയും തേജ ശക്തിയെ തേജസ്സിനെ ജരയന്തി ക്ഷയിപ്പിക്കുന്നു അതിൽ മാത്രമല്ല സമം ജീവിതം അങ്ങ് വാഗ്ദാനം ചെയ്ത ജീവിതം മുഴുവനും അല്പമേവമാണ് ക്ഷണികമാണ് അങ്ങയുടെ വാഹാഹ ഈ ഭൂഗവസ്തുക്കൾ എല്ലാം നൃത്തഗീതയും പറഞ്ഞ വാഹനവും നൃത്തഗീതയും ഗീതങ്ങളും എല്ലാം അങ്ങനെ ഇരുന്നോട്ടെ അങ്ങയുടെ കയ്യിൽ തന്നെ എനിക്ക് ആവശ്യമില്ല ഇത് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് എത്ര വലിയ പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള അറിയേണ്ടത് മാനസികമായ ശക്തി ആ മാനസിക ശക്തി ഒരു സത്യാന്വേഷിക്കൊണ്ടായിരിക്കണം എന്നോട് സൂചിപ്പിക്കാൻ വ്യക്തമാക്കുകയാണ് അത് തന്നെ നടത്തുന്നതിലും പറയുന്നു അടുത്ത മന്ത്രത്തിൽ വിത്തേന തർപ്പണീയോ മനുഷ്യോ ലക്ഷ്യാമഹ വിത്തം ജീവിഷ്യമോ യുഷ്യസിന് നിൽന തർപ്പീയ മനുഷ്യമേ നിദ്രാക്േ ജീവിഷ്യമോ ജീവിഷ്യാ യ്യസി വരസ്തു മേ വരണയ സി തർപ്പീയോ മനുഷ്യോ ലമഹേ വിത്തം അദ്രാക്ഷ്മേ ീവിഷ്യമോ യിഷ്യസി പരസ്തുമേ വരണമാത്രമല്ല അധികമായ ധനം കൊണ്ട് മനുഷ്യ നർപ്പണീയ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല വിശ അതിന് വിത്തം കൊണ്ട് നിവർത്തിപ്പിക്കാൻ സാധ്യമല്ല ഇല്ലാതാക്കാൻ സാധ്യമല്ലാഭിജി തൃപ്തികരൂ ദൃഷ്ട ലോകത്തിൽ തന്നെ മനുഷ്യരുടെ ഇടയിൽ വിത്തലാഭനലാഭം കർഷക ഗുരുവനും തൃപ്തികരൂ നൃഷ്ട് കാണപ്പെട്ടിട്ടില്ല ധനം കൊണ്ട് തൃപ്തനായ ആരെയും അസ്മാകം മിത്തൃഷ്ണസ്യാ ലാമഹേ പ്രാപ്സ്യമഹേ വിത്തം അദ്രാഷ്മ ദൃഷ്ടവന്തോ ഭയം ചെയ്ത് ഇനി അസ്മാകം മിത്തൃഷ്ണസ്യം എനിക്ക് വിത്തത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലക്ഷ്യാമഹ എന്താർത്ഥം പറയുന്നു പ്രാപ്സയാമഹേ പ്രാപിക്കും നിത്ം ധനം എങ്ങനെ അദ്രാഷ്മെ ദുഷ്ടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിത്തലാഭം എല്ലാം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് വിത്തവും നൽകാൻ സാമർഥ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അണിമാതി ഐശ്വര്യങ്ങളെല്ലാം കൊടുക്കാൻ ശേഷിയുള്ള ആളാണ് ഏറ്റവും വലിയ വിത്തം അതാണ് സർവവും നേടാൻ കഴിയുന്നുള്ള വിഭൂതികൾ അത്തരം വിഭൂതികൾ നൽകാൻ കഴിയുന്ന ആളാണ് ഐശ്വര്യങ്ങളോട് കൂടിയ ആളാണ് യമദേവൻ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ ആളാണ് അതെന്ന് പറയുന്നു പ്രത്യേകിച്ച് വിത്തം അടുത്ത് വന്ന് അത് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും പ്രാപ്തമാകും എന്നിരിക്കും ഞാൻ അങ്ങയുടെ അടുത്ത് വിത്തലാഭത്തിന് വേണ്ടി വരേണ്ട കാര്യമുണ്ടോ എന്നാണ് വന്നാൽ തന്നെ അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല കാരണം അനുഗ്രഹം കൊണ്ടു കിട്ടുന്ന ആവശ്യപ്പെടേണ്ട കാര്യമില്ല അതാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം കിട്ടും അത് ആരും ആവശ്യപ്പെടേണ്ട കാര്യമില്ലാന്നു അതുകൊണ്ട് അതൊരു പരമായി ചോദിക്കേണ്ട കാര്യമില്ല അന്ന് ചോദിക്കാതെ തന്നെ നേരത്തെ പറഞ്ഞു ഇമാം ലിത്തമയി എന്ന് നേരത്തെ പറഞ്ഞു വിത്തമയി ആയ ഒരു മാലയെ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ സർവ സൗഭാഗ്യങ്ങളും ആവശ്യപ്പെടാതെ കൊടുക്കാൻ ശേഷിയുള്ള ദേവനാണ് എങ്ങദേവൻ അപ്പൊ അത് ഒരു പരമായി ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് അത് മാത്രം എന്താണ് ജീവിതമൊക്കെ തഥൈവ ഇനി അങ്ങനെ ഒരു വരം തന്നു ജീവിച്ചിരുന്നാലോ ജീവിഷ്യമ യാവത്യാമ്യേ പദേ ത് യാമ്യ പദത്തിൽ യമന്റെ അധികാര പദത്തിൽ യമദേവൻ എന്നുള്ള ആ സ്ഥാനത്ത് ത്വം യാവതീശിഷ്യസി അങ്ങ് എത്ര കാലം ഭരണം നടത്തുമോ എനിക്ക് ഒരു കല്പാണ്ട് ഒരു യമനും അവിടെ സമീപം വരുന്ന ഒരു കല്പം ഒരു സൃഷ്ടി തുടങ്ങിയ ഒരു സൃഷ്ടി അവസാനിക്കുന്നത് വരെയാണ് ഒരു യമൻ അത് കഴിയുമ്പം വേറെ യമന്മാർ വരും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കഴിയാവുന്ന എന്താണ് ഒരു കല്പമാണ് ആയുസ് നീക്കാവുന്നത് പക്ഷെ എത്രയോ കോടി കല്പങ്ങൾ പ്രപഞ്ചത്തിൽ കടന്നു പോയിരിക്കുന്ന ഇനി വരാനിരിക്കുന്നു അപ്പോൾ ഒരു കല്പത്തിലെ ജീവിതം എന്ന് പറയുന്നത് അത് നിസ്സാരമാണ് അതിനപ്പുറം അങ്ങേക്കും തരാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അങ്ങേയുടെ കാലാവധി ഒരു വർഷമേ ഒരു കല്പമേ അല്പവർഷം അതെയോ അത് കഴിഞ്ഞ് അങ്ങേക്കുമില്ല അതുകൊണ്ട് ആയുസ് അങ്ങേക്ക് എത്ര നീട്ടി തരാൻ പറ്റും പറ്റത്തില്ല കഥം ഹീ മർത്യഹ സ്വയാസമ അൽപ്പധനായും ഭവിച്ചതാണ് സ്വയാസമയത്തി അങ്ങയെ പോലെ ഒരു ദേവനെ സമയത്ത് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ മർത്യഹ മനുഷ്യനെങ്ങനെ അല്പതനായും അൽപ്പായുസം എങ്ങനെയാകും ആകത്തില്ല അങ്ങയെ കണ്ടുമുട്ടുന്നത് എന്ന പുണ്യം കൊണ്ടാണ് അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടുമുട്ടുന്ന യോഗ്യത മാത്രം മതി അങ്ങയുടെ അനുഗ്രഹത്തിന് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ആയുസും ധനവും എല്ലാം കിട്ടും പക്ഷെ അതൊന്നും എനിക്കൊരു വരമായി ആവശ്യമില്ല വരസ്തു മേ മേ വരണീയഹ എനിക്ക് അങ്ങയിൽ നിന്നും മരിക്കേണ്ടതായ വരം സയവ അത് തന്നെയാണ് ഇത് ആത്മവിജ്ഞാനം വരസ്തു മേ വരണീയ ഞാൻ ചോദിച്ചത് ബാക്കി എന്തെങ്കിലും അങ്ങ് വരുന്നുണ്ടെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാണ് പക്ഷെ എനിക്ക് വരമായിട്ട് അതൊന്നും ആവശ്യമില്ല എനിക്ക് വേണ്ടത് എന്താണ് ആത്മവിജ്ഞാനം മാത്രമാണ് എന്ന് നബികേസ് തന്റെ നിലപാടിനെ വീണ്ടും വിശദീകരിക്കുന്നു അടുത്ത മന്ത്രത്തിനും അത് മനുഷ്യൻ വിത്തേന തർപ്പണീയ വിത്തം കൊണ്ട് തൃപ്തൻ ആക്കപ്പെടുന്നില്ല അങ്ങയെ അഗ്രാഷ്മെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വിത്തം ലധ്യാമഹേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടുതന്നെ വിത്തം കിട്ടും പ്രാപിക്കും പ്രാപിക്കും പം അങ്ങ് യാവീ ശിഷ്യസി എത്രകാലം യമപഥത്തിലിരിക്കുന്നു അത്രയും കാലം ജീവിഷാമ എനിക്ക് ജീവിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ന് എനിക്ക് വരണീയ വരഹത്തും ഭരണീയമായിരിക്കുന്ന അങ്ങിൽ നിന്നും നേടേണ്ടതായിരിക്കുന്ന വരം സയവ ആത്മലാഭമാണ് ആത്മവിജ്ഞാനമാണ് മറ്റൊരു വരവും എനിക്ക് ആവശ്യമില്ല എന്നാണ് വീണ്ടും പറയുന്നു അജീവിതാം कोधस्थ, അമൃതം ഉപേറ്റന്മർതി അജീവ്യത വയോഹാനി ാം അമൃതാനാം സകാശം ഉപയോഗിക്കുക അജീരിതാം അജീര്യന്മാരാണ് അമരന്മാരാണ് ദേവന്മാരാണ് വയോഹാനി അപ്രാപ്നുവദാം വയോഹാനി മരണം അപ്രാപ്തനുവദാം സംഭവിക്കാത്തവർ അമരന്മാരായിരിക്കുന്ന അങ്ങനെ പോലെയുള്ള മഹാത്മാക്കളെ അമൃതാനാം സകാശം അമൃതന്മാർ മരണം സംഭവിക്കാത്തവർ ഉപയോഗിക്കുക സമീപത്തെ എത്തിച്ചേർന്നിട്ട് ഉപഗമ്യ നമ്മളജീവിതം അമൃതാനം ഉപേക്ഷ്യ ഉപഗമ്യ സമീപിച്ചിട്ട് ആത്മനഃ ഉത്കൃഷ്ടം പ്രയോജനാന്തരം പ്രാപ്തവ്യം തേവ്യൻ ഉപലഭമാന ആത്മനഃ അങ്ങനെയുള്ള അമൃതന്മാരുടെ അമരണന്മാരായ മഹാത്മാക്കളുടെ സമീപത്തെത്തിച്ചേർന്നാണ് ആത്മന ഉത്കൃഷ്ടം പ്രയോജനാന്തരം തനിക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രയോജനാന്തരം മറ്റ് പ്രയോജനം അങ്ങ് വെച്ച നീട്ടി പ്രയോജനങ്ങളല്ല പ്രയോജനാന്തരം അന്യ പ്രയോജനം മറ്റ് പ്രയോജനങ്ങളാണ് പ്രാപ്തവേടേണ്ടത് തെജ് പ്രധാനൻ ഉപലഭമാന സ്വയം ജീര്യൻ മർത്യഹ ജരാമരണവാൻ ആ മഹാത്മാക്കളിൽ നിന്ന് അതറിയുന്നവൻ വിവേകമുള്ള ഒരുവൻ ഒരു മഹാത്മാവിനെ സമീപിച്ചു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് വേണം നേടേണ്ടത് എന്നാൽ കാര്യങ്ങളല്ല നിസ്സാരമായ കാര്യങ്ങൾ നേടാൻ പോയാൽ പ്രധാനപ്പെട്ട നഷ്ടപരം സ്വയം തിയൻ മർദ്ദേഹ മനുഷ്യനാണെങ്കിലോ സ്വയം നശിക്കുന്നവനാണ് ജീർണിക്കുന്നവനാണ് വീര്യൻ ജരാമരണമാണ് ക്വധസ്ഥാൽ പൃഥിവി അധസ്റ്റാസു അന്തരീക്ഷാതി ലോകാപേക്ഷയാ തം തിഷ്ഠതീതി ക്വധസ്ഥ സൻ ക്വധസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്നവനെന്നർത്ഥം എങ്ങനെയാണ് അർത്ഥം കിട്ടുന്നത് കു എന്ന് പറഞ്ഞാൽ പൃഥിവി എന്റെ അർത്ഥം അധസ്റ്റ കുധ എന്നാണ് ഇത് അധ താഴ്ന്ന ലോകമാണ് അസൗ അന്തരീക്ഷാദി ലോകാപേക്ഷയ എന്തുകൊണ്ടാണ് ഇതിന് അധോ എന്ന് പറഞ്ഞ ഭൂമി ഇത് ഉഷ്ടന്മാരൂടെ കഴിയുന്നുകൊണ്ട് മാത്രമല്ല അന്തരീക്ഷാദി ലോകാപേക്ഷ അന്തരീക്ഷം തുടങ്ങിയ ലോക ഭൂർഭുവിലോകം തുടങ്ങിയ ലോകങ്ങളെ അപേക്ഷിച്ച് ഇത് താഴ്ന്ന തസ്യാം തിഷ്ഠതി അതിൽ കഴിയുന്നവനാണ് ക്വധസ്ഥൻ ഈ മർത്യരോകത്ത് കഴിയുന്നവന ഈ മർത്യരോകത്ത് കഴിയുന്നവൻ ഒരു മനുഷ്യൻ നശിക്കുന്ന മനുഷ്യൻ അമൃതന്മാരായ അമരന്മാരായ ദേവന്മാരെ സമീപിച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രയോജനത്തെയാണ് ആവശ്യപ്പെടേണ്ടത് എന്നർത്ഥം കഥമേ എങ്ങനെയാണ് അവിവേകി പ്രാർത്ഥനീയം അവിവേകികൾ പ്രാർത്ഥിക്കുന്നത് ആവശ്യപ്പെടുന്നു എന്താണ് അവിവേകികൾ ആവശ്യപ്പെടുന്നത് പുത്ര ിത്തം അസ്ഥിരം പുത്രവിത്താദികൾ അസ്ഥിരങ്ങളായിരിക്കുന്നത് എങ്ങനെയാണ് വെള്ളയില് എങ്ങനെ ഒരു വരമായി ആവശ്യപ്പെടും ദീർഘജീവനം പോലും ഒരു കൽപ്പാന്തം വരെ ഒരു ദേവന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ വാങ്ങുന്നത് പറയുന്നവരാണ് അവിവേകിയാണ് ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ സമീപിച്ചിട്ട് ഇപ്പൊ ഗുരുവിനെ സമീപിക്കുകയാണ് അല്പമായ ക്ഷുദ്രമായ കാര്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുക ആവശ്യപ്പെടുക അത് അവിവേകികളാണ് എന്നാണ് അവിവേകിധീ പ്രാർത്ഥന അവിവേകികളാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് എന്റെ അസുഖം മാറുക അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണം എന്റെ കഷ്ടപ്പാടുകൾ ഭൗതികമായ കഷ്ടപ്പാടുകൾ മാത്രം അത് മാറണം അതിനുവേണ്ടി അനുഗ്രഹിക്കുക ജീവിത സൗഖ്യം ഭൗതിക ജീവിത സ്നേഹലോകത്തിലെ സൗഖ്യം അത് ആവശ്യപ്പെടുക ഇതെല്ലാം തന്നെ അവിവേകികളാണ് എന്തുകൊണ്ട് ഇതാവശ്യപ്പെട്ടുകഴിഞ്ഞാൽ ഇവിടെ പറയുന്ന അമരത്വം ആത്മവിദ്യ ആത്മലാഭം അത് പിന്നെ ആവശ്യപ്പെടാൻ കഴിയാതെ പോയത ചാൻസ് നഷ്ടപ്പെടും പിന്നീട് അയാൾക്ക് എന്താണോ ആത്മകല്യാണത്തിന് ഉതകുന്ന ആ ആത്മവിദ്യ അയാൾക്ക് ആ ഗുരുവിൽ നിന്ന് നേടാൻ കഴിയാതെ പോകും എന്നാണ് കാരണം അർത്ഥിക്കുന്നതനുസരിച്ച് അതിൽ കൊടുക്കാൻ പറ്റും അവനെന്താണോ അർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അത് കൊടുക്കുന്നു അപ്പോൾ ഇത് അവിവേകിയായ ഒരു എന്താണ് പുത്രവിത്രം അതാണ് ഏറ്റവും ശ്രേഷ്ഠം അതാണ് ഏറ്റവും സ്ഥിരമായിരിക്കുന്നത് ഇത് അസ്ഥിരമാണെന്നുള്ള ഉപയോഗം ഇല്ലാത്തവൻ അതാണ് സ്ഥിരം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നു അപ്പൊ മനുഷ്യർ സാധാരണ മനുഷ്യർ ഗുരുതന്മാരുടെ അടുത്ത് ചെല്ലുന്നതും എന്താണ് ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞ അവിവേകി അവിവേകം കൊണ്ടാണ് അവർക്ക് വിവേകമില്ല അപ്പൊ വിവേകമില്ലാത്ത അജ്ഞരായ സാധാരണ മനുഷ്യർ അതാണ് പ്രത്യേകം പറഞ്ഞാണ് ഈ ഭൂമിയിൽ കഴിയുന്നവൻ അജ്ഞന്മാരാണ് അവർക്കിതേ ആഗ്രഹിക്കാൻ പറ്റത്തുന്നതെങ്കിൽ അവരാഗ്രഹിക്കുന്നു പക്ഷെ വിവേകിയായവൻ ഒരു ഗുരുവിന്റെ സന്നിധിയിൽ പോയി ഒരിക്കലിരെന്നും ആവശ്യപ്പെടരുത് എന്നാണ് അതിന് നേരത്തെ പറഞ്ഞെന്താണോ ഇതൊന്നും പ്രത്യേകിച്ച് ആവശ്യപ്പെടേണ്ട കാര്യമില്ല ചിത്തം അദ്രാഷ്മ അപ്പൊ അത്തരം കാര്യങ്ങളെ ആവശ്യപ്പെടാതെ തന്നെ കിട്ടുന്നതാണ് എന്നെ കണ്ടുകഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതെല്ലാം കിട്ടും പിന്നെ അതെന്തിനാവശ്യപ്പെടും പിന്നെ ആവശ്യപ്പെടേണ്ടത് ആത്മഹത്യ ഇപ്പോൾ ഒരു ഗുരുവിന്റെ സന്നിധിച്ചെന്ന് ഇതൊക്കെ പ്രാർത്ഥിക്കുന്നതിനാണ് ഇത് അർത്ഥം എന്തുകൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹമുണ്ട് ആ ഇവനിത് കൊടുക്കണം എന്ന് ഇതിന് അതിനുള്ള കർമ്മമുണ്ട് അധിഷ്ഠമുണ്ട് ഇവനത് കിട്ടേണ്ടതാണെന്നുള്ള അനുഗ്രഹ ഭാവം മനസ്സിലുണ്ടെങ്കിൽ അത് കിട്ടിക്കൊന്ന് ചോദിക്കേണ്ടതായിരിക്കില്ല അല്ലാതെ തന്നെ സ്വയം തന്നെ അതെല്ലാം അർഹിക്കുന്നതെല്ലാം കിട്ടും പിന്നെ എന്താണ് ആത്മവിദ്യ സർവർക്കും വേണ്ടിയുള്ളതല്ല അത് വിവേകികളായ അപൂർവം പേർക്ക് ആ ഗുരു സമ്പ്രദായ രീതി അനുസരിച്ച് ശിഷ്യൻ സാധാരണ ഒരു ശിഷ്യൻ ഗുരുവിനോടത് ആവശ്യപ്പെട്ടത് എനിക്ക് ആത്മവിദ്യ വേണം എന്നാവശ്യപ്പെട്ടത് അത് ആവശ്യപ്പെടാൻ മറ്റൊന്നും ആവശ്യപ്പെടുക എന്നാണ് അങ്ങനെ മറ്റെന്താ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവന് ഇത് നഷ്ടപ്പെടുന്നു അവനെ സംബന്ധിച്ചാണ് പറയുന്നത് അവനിക്കുന്നവർക്ക് വീടിന്റെ സമീപത്തു പോയി ലൗകികമായ യാതൊന്നും ആവശ്യപ്പെടുന്നു അസ്മിൻ പക്ഷേ പറയുന്നു ക്വ പദാഷ്ഠ ഇതുവാ പാഠാന്തരാണ് ശ്രീങ്ങനെയൊരു പാഠമാണ് ക്വ പദാഷ്ഠ അവന് അസ്മിൻ പക്ഷേ അക്ഷരയോടെ ശ്രീയിൽ ഇങ്ങനെ പാഠമാണെങ്കിൽ അതിന്റെ അന്യവും അർത്ഥം ഇങ്ങനെ പറയണം അങ്ങനെ എന്നാണ് പാഠം യേശുത്രാദിഷു താത്പര്യ തഥാസ്ഥ തഥാസ്ഥൻ എന്ന് പറഞ്ഞ എന്താണ് പുത്രാദികളാണ് ഏറ്റവും വലുത് യുക്തവും പുത്രനുമൊക്കെയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു അതിന് താൽപര്യ കാത്തിരിയ ഓറും വർദ്ധിക്കുന്നത് പറയുന്നു തതോ അധികതരം പുരുഷാർത്ഥം ഈ ഭൗതികമായ പുരുഷാർത്ഥങ്ങൾ അർത്ഥരാമങ്ങൾ അതിനു മുന്നേ ഒരു പുരുഷാർത്ഥം ദുഷ്പ്രാപമബി പ്രാപിക്കാൻ പ്രയാസമുള്ളതാണെങ്കിലും നേടാൻ പ്രയാസമുള്ളതാണെങ്കിലും അഭിപ്രേ അതിനോട് താൽപര്യമുള്ളവൻ ആത്മവിദ്യയോട് താൽപ്പര്യമുള്ളവൻ ക്വാ എങ്ങനെ കഥാസ്തോഭവേ ഈ പുത്രവിത്രാദികളിൽ താല്പര്യമുള്ളവൻ എങ്ങനെയാണ് ദുഷ്പ്രാവമാണ് ആർമവിദ്യ നേടാൻ പ്രയാസമുള്ളതാണെങ്കിലും അതാണ് ശ്രേഷ്ഠം അധിക എന്ന് കരുതുന്നവരും പിന്നെ ഈ പുത്ര ഈ താതിൽ എങ്ങനെ ആഗ്രഹം ഉണ്ടാകും ഉണ്ടാകത്തില്ല എന്നുള്ളത് നസാരജ്ഞ അസാരമില്ലാത്താണെന്ന് അറിയുന്നത് കടമ്പില്ലാത്ത മനസ്സിലാക്കുന്നു ബാക്കി ഭൗതികമായിട്ടുള്ള എല്ലാ നാട്ടങ്ങളും കഥം പദർഥിച്ചത് എങ്ങനെയാ അർത്ഥിക്കുമ്പോൾ ഒരു മഹാഗുരുവിന്റെ അടുത്ത് തന്നിട്ട് സർവം തരാൻ ശേഷിയുള്ള ഒരു ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്നിട്ടൊരാൾ നിസ്സാരമായ ക്ഷുദ്രങ്ങളായ വസ്തുക്കൾ എങ്ങനെ പ്രാർത്ഥിക്കും വിവേകിയായ ഒരുവനെങ്ങനെ പ്രാർത്ഥിക്കും ഒരു ചക്രവർത്തിയുടെ ഒമ്പ അവിടെ നിന്ന് പ്രാർത്ഥിക്കാമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു ആഗ്രഹിക്കാവശ്യപ്പെട്ടവരാൾക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ അവളിവർ മഹാവിഷ്ണനുമായി ചന്ധിച്ചു കഴിഞ്ഞാൽ ക്ഷുദ്രമായിരിക്കുന്ന ക്ഷണികങ്ങളായിരിക്കുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും എന്നാണ് പറയുന്നു സർവോഹി ഉപരി ഉപരിയവ ബുഭൂഷതി ലോകം സർവ ലോകം സർവ്വരും മനുഷ്യരെല്ലാം എന്ത് ചെയ്യുന്നു ഉപരി ഉപരിയേവ ബുഭൂഷതി മുകളിലോട്ട് മുകളിലോട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് താമസുവരാനെല്ലാം സർവരും നേട്ടങ്ങളാണ് സർവരും ആഗ്രഹിക്കുന്നതാണ് അത് ആത്മീയമായിട്ടായാലും ശരി ചിലർ ആത്മീയമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നു ചിലർ ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നു സർവ മനുഷ്യരും ആഗ്രഹമുള്ളവരാണ് സർവർ ആഗ്രഹിക്കുന്നതും നേട്ടങ്ങളാണ് ഉപരി ഉപരി ഭതി മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പ്രശ്നമെന്ന പുത്ര വിത്താതെ ലോഭേ പ്രണോദ്യോഗം അതുകൊണ്ടെന്താണ് പറയുന്നു പുത്രൻ വിത്തം തുടങ്ങിയ അങ്ങനെ ഈ ലോഭങ്ങൾ കൊണ്ടൊന്നും പ്രണോദ്യോഗം ഇതുകൊണ്ടൊന്നും ഞാൻ പ്രലോഭിക്കപ്പെടത്തില്ല ഇതിനൊന്ന് ഞാൻ വഴങ്ങുന്നവൻ രണ്ടാമർത്ഥം മാത്രമല്ല അക്ഷരപ്രമുഖാൻ അണവസ് അധിപയൻ യഥാവൻ വിവേകീരമേത മാത്രമല്ല എന്താണ് അക്ഷരപ്രമുഖാൻ അപ്സരസ് തുടങ്ങി പ്രമുഖാൻ പ്രഭൃതി ആദിതന്നെ ഒരർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ തുടങ്ങിയവലത്തിൽ പറയും അസുരച്ച് തുടങ്ങിയ വർണ്ണരതി പ്രമോദം വർണ്ണങ്ങൾ വിഷയങ്ങൾ മനുഷ്യനെ മോഹിപ്പിക്കുന്ന വിഷയങ്ങളാണ് വർണ്ണങ്ങളെന്ന് പറയുന്നത് രതി എന്ന് പറയുന്ന അവയുടെ അനുഭവങ്ങളാണ് പ്രമോദം എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അപ്പം വിഷയം വിഷയാനുഭവം അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദാണ് വർണ്ണഗതി പ്രമോദങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യനെ വളരെ ആകർഷിക്കുന്ന പ്രമോധിക്കുന്ന വിഷയങ്ങളായത് കൊണ്ടാണ് അവന്റെ വാസനം ആ വിഷയങ്ങളിലേക്ക് അവന്റെ ശരീരത്തിന് മനസ്സിനെ ഇന്ദ്രിയങ്ങളെല്ലാം നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാസന പ്രേരിപ്പി വാസന പ്രേരിപ്പിക്കുന്ന ആ വിഷയങ്ങൾ പ്രമോഭനങ്ങളായിരിക്കുന്ന ആ വിഷയങ്ങളാണ് വർണ്ണമെന്ന പേര് വന്നത് മനസ്സ് അത്തരം വിഷയങ്ങളിലേക്ക് സദാ ഉത്സുഖമായിരുന്നു വാസന പ്രേരിതമായി എല്ലാ മനസ്സുകളും നമ്മുടെയൊക്കെ മനസ്സെങ്ങനെ ആണെന്ന് എല്ലാ മനസ്സുകളും അങ്ങനെയാണ് എപ്പോഴും വിഷയോത്സുഖമായിരിക്കും വാസന അപ്പോ നമ്മളും സാധാരണ മനുഷ്യരും തമ്മിൽ വ്യത്യാസം എന്താ ആത്മീയ ജീവനം എന്ന് വെച്ചാൽ അതൊക്കെ മറച്ചു വെക്കുന്നവരാണ് നവകീയ ജീവനം വെച്ചാൽ അതൊക്കെ പ്രകടിപ്പിക്കുന്നവർ ഇത്രേയുള്ള വ്യത്യാസം രതി എന്ന് പറയുന്നതാണ് ഉത്സുഖമായിരിക്കും മനസ്സിലെപ്പോഴും വിഷയങ്ങളിലേക്ക് അതിന്റെ അനുഭവത്തിൽ തൽപരമായിരിക്കും മനസ്സ് മനസ്സിന്റെ അവസ്ഥ ഉപഭോഗം വേണ്ടിയിട്ടുള്ള തൃഷ്ണ പിന്നെ അതിനുള്ള പ്രവൃത്തി മനസ്സിന്റെ അതിനുവേണ്ടി രതി എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അനവസ്ഥിതരൂപതയാധ്യായൻ പക്ഷെ ഇതെല്ലാം അസ്ഥിരമാണ് എന്ന് വിവേകപൂർവം അതിധ്യായൻ നല്ലവണ്ണം ചിന്തിക്കുന്നവൻ എന്ന നല്ലവണ്ണം ചിന്തിക്കുന്നവൻ അനവസ്ഥിതരൂപതയാണോ എന്നിങ്ങനെ ചിന്തിക്കുന്നവൻ നിരൂപയൻ യഥാ അതിദീർഘ ജീവിത അതിദീർഘമായ ഒരു ജീവിതം അവന് കിട്ടിയിട്ട് എന്താ പ്രയോജനയും മർത്തിരോഗത്തിൽ ആയുസ് ിക്കുന്നതും ഡോക്ടർ കാണുന്നതും പരിശോധിക്കുന്നതല്ല ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതെല്ലാം അനവസ്ഥിതമാണെന്ന് ചിന്തിക്കുന്നത് ഒഴിവേന അതിദീർഘമായൊരു ജീവിതം കിട്ടിയിട്ടെന്താ ആ വിവേകി രമീത ഇതിൽ ഏതൊരു വിവേകിയാണ് ആനന്ദിക്കാൻ കഴിയുന്നത് എന്നറിയാം വായുസ് നോക്കിയത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല പണ്ട് രസായന വിദ്യ നമ്മുടെ ഋഷീശ്വരന്മാർക്കും അറിയാമായിരുന്നു എന്നറേ കൽപ്പാന്തം വരെ ജീവിച്ചിരിക്കും മരിക്കത്തില്ല കല്പാവസാനം വരെ ചില യോഗികളും അങ്ങനെ ജീവിച്ചിരിക്കുന്ന ശരീരത്തെ ഏതെങ്കിലും കരുതൽ മാറ്റിച്ച് അതിന്റെ ഘടനയെ മാറ്റിയിട്ട് ജീവഭാവത്തില് ഏതെങ്കിലും ഒരു ശരീരത്തെ സ്വീകരിച്ച് കല്പാന്തം വരെ ഇരിക്കുകയാണ് പറയുന്ന ഒരു യാതൊരു കാര്യവും ഇല്ല കാരണം ആ ജീവിതത്തിലിരുന്നു എന്താ ഈ പറയുന്ന വർണ്ണരതി പ്രമോദാണ് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് ക്ഷണികമാണ് ആ ഒരു കൽപ്പഅ ആയുസ് പോലും ക്ഷണികമാണ് അനന്തമായ കൽപ്പങ്ങളുമായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ എന്ന് ചിന്തിക്കുന്നവൻ പിന്നെ എങ്ങനെ രചിക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്ന അതുകൊണ്ട് വീണ്ടും മൈലേഴ്സ് തന്റെ നിലപാടിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് വിശദീകരിക്കുകയാണ് ജീര്യൻ മനുഷ്യൻ ഈ ഭൂമിയിൽ കഴിയുന്നവൻ പ്രധാനൻ വിവേകമുള്ളവൻ അതീര്യതാം അമൃതാനാം ഉപേക്ഷ അമരന്മാരായിരിക്കുന്ന ദേവന്മാരെ സമീപിച്ചിട്ട് നിസ്സാരമായ വസ്തുക്കളെ അങ്ങനെ ആവശ്യപ്പെടും മരങ്ങളെങ്ങനെ ആവശ്യപ്പെടും എനിക്ക് ചേർത്തായൻ വർണ്ണരഥി പ്രമോദാൻ അഭി വർണ്ണരഥി പ്രമോദങ്ങളെ കുറിച്ച് ശരിക്ക് ചിന്തിക്കുന്നവൻ വിവേകപൂർവം ചിന്തിക്കുന്നവൻ അതിദീർഘ ജീവിത അതിദീർഘമായ ജീവിതം ദേവന്റെ ദാനമായി കിട്ടിയാലും അങ്ങനെയുള്ള ജീവിതത്തിൽ ക്രൂരമേത ആനന്ദിക്കാൻ കഴിയുന്നത് എന്നാണ് എന്ന് പറഞ്ഞേതസ് വാഗ്ദാനത്തെ നിരസിക്കുകയാണ് താമ്പ മഹരി ബ്രൂഹി നയം ഗൂഢം അനുപ്രവിഷ്ടം തസ്ചിത നിർണീക യന്തിനിതം വിസന്തി മൃത്യുസംബരാ മഹതി विहाय യോഗൂഢമനുപ്രതിഷോ നാന്യേതാവർകുഹായ കമൈ പ്രലോഭനം കൊണ്ടെന്താണ് പറയുന്നത് അനിത്യ ഈ അനിത്യങ്ങളായി താമ്യ വിഷയങ്ങളെ വസ്തുക്കളെ കാണിച്ചുകൊണ്ടുള്ള പ്രലോഭനം അങ്ങയുടെ ഈ പ്രലോഭനത്തെ വിഹായ അവിട്ടേക്ക് വിട്ടിട്ട് അങ്ങനെ ഉപേക്ഷിക്കുക ഈ പ്രലോഭനങ്ങളെല്ലാം വിട്ടിട്ട് ഏറ്റവും മയാപ്രാർത്ഥിതം ഞാനെന്താണോ ആവശ്യപ്പെട്ടത് ഒരു വരവെന്നുള്ള നിലയ്ക്ക് ഞാനെന്താണോ ആവശ്യപ്പെട്ടത് യേസ്മിൻ പുരേത് ഇതം വിചികിത്സനം വിഷ്ണുൻ പ്രേരെ മരിച്ചവരെ കുറിച്ചുള്ള ഇതം വിചകിച്ചാണ് ഈ സംശയം വിചകിച്ചന്തി അസ്ഥി നാസ്തി ആത്മാവിന്റെ അസ്ഥിത്വത്തെക്കുറിച്ചുള്ള എന്റെ സംശയം അതിനെ കുറിച്ചുള്ള എന്റെ ചിന്തകൾ മൃത്യുവാ ദൈവ മൃത്യുദേവ സമ്പരാ പരലോകൃഷി പരലോകത്തെ സംബന്ധിച്ച് മരണശേഷമുള്ള മനുഷ്യന്റെ ലോകത്തെ സംബന്ധിച്ചുള്ള മഹതി മഹത് പ്രയോജന നിമിത് വലിയ പ്രയോജനത്തിന് നിമിത്തമാണ് മോക്ഷം എന്ന് പറയുന്ന പ്രയോജനത്തിൽ അത് എത്തിക്കുന്ന ആത്മനോ നിർണയ വിജ്ഞാനം ആത്മാവിനെ കുറിച്ചുള്ള നിർണയ വിജ്ഞാനം നിശ്ചയമായ വിജ്ഞാനം അനുഭവം ആത്മാവിനെ കുറിച്ചുള്ള നിശ്ചിതമായ അനുഭവം അതാണ് ബ്രൂഹി അത് പറയും കഥയ അല്ലഹ അസ്മഭ്യം എനിക്ക് അത് പറഞ്ഞു തരുന്നു അതാണ് വേണ്ടത് എന്നാണ് ആത്മാവിനെക്കുറിച്ചുള്ള നിശ്ചിതമായ അറിവാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്താ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല കിംബുന യൂയം പ്രകൃത ആത്മവിഷയാണ് കൂടുതൽ പറഞ്ഞിട്ടെന്താ അതാണ് കിം ബഹുനു പറയുന്നത് കൂടുതൽ സംസാരിക്കട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കണ്ട എനിക്ക് കൂടുതൽ അങ്ങോട്ട് പറയാനുമില്ല ഈ വിഷയത്തിൽ ആത്മവിദ്യയെക്കുറിച്ചാകാം യൂയം പ്രകൃത ആത്മവിഷയവരം ഇവിടെ ഇപ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള വരാം യൂഥം നജികേശന് പറയാ അത് വളരെ ഗഹനം ദഹനമാണ് ദുർവിവേചനം വിവേക കുറവ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് പ്രാപ്ത അനുപ്രവിഷ്ട വളരെ ആന്തരികമായിട്ടുള്ള തത്വമാണ് അതാണ് ദുർവിവേചനം രഹസ്യമാണ് സൂക്ഷ്മമാണ് അതാണ് എനിക്കാവശ്യം പ്രയാസമുള്ളതാണ് മറ്റുള്ളതെല്ലാം നേടുന്നതിനാണ് പ്രയാസമാണ് ആ വരമല്ലാതെ വിവേകികൾക്ക് ആവശ്യപ്പെടാനുള്ള അവിവേകി പ്രാർത്ഥന ബാക്കിയുള്ള എന്താണ് അവിവേകികൾ പ്രാർത്ഥിക്കുന്നതാണ് വിവേകികൾക്ക് ആവശ്യപ്പെടാൻ പറ്റിയതല്ല അവിവേകി പ്രാർത്ഥനീയം അനിത്യവിഷയം അനിത്യമായ വിഷയങ്ങളെ കുറിച്ച് അതാണ് വരം നദികളോ നദികം മനസ്സാദിന് ഈ നജികേതസ് പറയ നജികേത പറയണത് തന്നെ കുറിച്ച് ഉറപ്പിച്ച് പറയണേ തന്റെ തന്നെ പേരെടുത്ത് പറയുകയാണ് നജികേത ഈ നജികേതസ് മനസ്സാവി മനസ്സുകൊണ്ട് പോലും അങ്ങനെ തന്നെ ബാഹ്യമായിട്ട് തരികയാണ് അനുഭവത്തിന് വേണ്ടി പറയുന്നത് ബാഹ്യമായി അനുഭവിക്കുക എന്ന് പറയുന്ന വിഷയമേ ഇല്ല അവർക്ക് മനസ്സു കൊണ്ട് പോലും എന്താണ് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല ഇത് ശ്രുതി പ്രവചനം ഇതാണ് ശ്രുതിയുടെ താല്പര്യം ഇപ്പൊ നജിക സേവനോന്ദിനി സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള നജിക ശരിയായിട്ടുള്ള യോഗ്യത അതായത് ശിഷ്യന്റെ യോഗ്യത ആത്മവിദ്യ പ്രാപിക്കുന്നതിനുള്ള യോഗ്യതയെ കാണിക്കുന്നു പ്രത്യേകിച്ച് ഇത് വൈരാഗ്യത്തെ വിവേകവും വൈരാഗ്യവും രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് പരസ്പര ഗൗരവങ്ങളാണ് വിവേകമുള്ളവന് വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യമുള്ളവന് വിവേകം ഉണ്ടാവും എന്നാണ് അതിലിവിടെ കാണിക്കുന്നത് പ്രധാനമായിട്ടും വൈരാഗ്യത്തെ പരമവൈരാഗ്യം വശീകാര സജ വൈരാഗ്യം എന്നും മറ്റും പറയും ശാസ്ത്രങ്ങളും മറ്റും പറയും വശീകാര സപ്ന യോഗശാസ്ത്രത്തിനും മറ്റും പറയും നേതമാനം വ്യതിരേഖകേന്ദ്രിയം മനസ്സിന്റെ അവസ്ഥകള് നാനായിട്ട് തിരിക്കുന്നുണ്ട് ശുഭേചന ഒരാള് ആത്മീയ മാർഗത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്ന ഒരാള് പൂർവ്വ സംസ്കാരം കൊണ്ടും ശാസ്ത്രജ്ഞാനം കൊണ്ടും ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടും ഈശ്വരാരോഗ്യം കൊണ്ടും ആത്മീയ മാർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മനസ്സിന്റെ അവസ്ഥയിൽ ഏതമാനം എന്ന് പറയുന്നു മാണ് ഏതമാനം യഥമാനം യത്നിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏതമാനം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ യജമാനം എന്നല്ല യഥമാനം ഇത് ധാരാളം ഭാഗത്ത് ചർച്ച ചെയ്യുന്നൊരു ശബ്ദമാണ് യതമാനം വരുന്ന മനസ്സിന് ശുഭയിക്കാറുണ്ട് നേരെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വാസനകൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് മനസ്സിനെ മരിച്ചുകൊണ്ട് പോകും അപ്പോൾ അതിൽ നിന്നും പിന്തിരിയുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക പ്രയസ്സന് ഉപകരിക്കാത്തതിന്തിരിയാൻ വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതാണ് യതമാന എന്ന് പറയുന്ന വൈകാരികം നിങ്ങളുടെ പ്രവൃത്തി ഫലപ്രദമാണോ എന്നില്ല ചിലപ്പോൾ ഫലപ്രദമായെന്ന് വരും നിശ്ചിതമാണ് പക്ഷെ തനിക്ക് ഈ അനുകൂലമല്ലാത്ത ആത്മകല്യാണത്തിന് ഉതകാത്ത വിഷയങ്ങളിൽ നിന്നെല്ലാം പിന്മാറുന്നതിനുള്ള ഒരു ശ്രമം സാധകന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും അയാളത് വിജയിക്കണമെന്നാണ് അതാണ് യഥമാനമെന്ന് പറയുന്നത് അത് നിത് പരിശ്രമത്തിന്റെ ആദ്യ ഘട്ടമെന്ന് പറയാം അപ്പോഴാണ് മനസ്സിനെ നിയന്ത്രിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നത് അതിനുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ചിലപ്പോൾ അതിനുശേഷമായിരിക്കും ഗുരുവിനെ അന്വേഷിച്ചു കിടക്കുന്നു ഗുരുവിനെ സമീപിക്കുന്നു അപ്പോഴായിരിക്കും അങ്ങനെയൊരവസ്ഥ അവിടെ പരിശ്രമനം നടന്നുകൊണ്ടിരിക്കും മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹം കാണും പക്ഷെ വാസനകൾ അനുവദിക്കത്തില്ല ആഗ്രഹമുണ്ടെങ്കിലും വാസനകൾ വിപരീതമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും സാധാരണയോട് മനുഷ്യന് വിവേകം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ം എന്ന് പറയുമ്പതിൽ തന്നെ വ്യതിരേകം എന്നാൽ വേർതിരിച്ച് ഇന്നത് ഇന്ന ഇന്ന വിഷയങ്ങളിലേക്ക് മനസ്സ് കൊടുക്കിക്കഴിഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് ഏതാണോ കർശനമായി ഒഴിവാക്കേണ്ടത് അതിനെ ഒഴിവാക്കുക ആ വിഷയങ്ങളെ തന്നെ ഒഴിവാക്കുക ബ്രഹ്മചരിയ നിഷ്ഠ പോലെയുള്ള നിഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുക അത് ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ മനസ്സിനെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കാനുള്ള വിഷയങ്ങളെ ഒക്കെ ഒഴിവാക്കുക ആണ് വ്യത്യ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ആൾക്കാർ ഇതിനേക്കന്വേഷിച്ച ആശ്രമങ്ങളിലും മറ്റും പോകുന്നത് ബ്രഹ്മചാരിയായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ജീവിക്കാനൊക്കെ തീരുമാനിക്കുന്ന ആ സമയത്താണ് എന്ന് വിചാരിച്ച് മനസ്സിനെ ജയിക്കുന്നൊന്നുമില്ല പക്ഷെ മനസ്സിൽ നിന്ന് ആത്മാവിനെ നശിപ്പിക്കുന്ന തന്നെ നശിപ്പിക്കുന്ന വിഷയങ്ങൾ ഇന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കുന്നു അപ്പൊ ഇവിടെ പ്രധാനമായും അയാൾ വൈരാഗ്യ അഭ്യസനം എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ വിഷയങ്ങളെ ദൂരം നിർത്തി ഉള്ള അഭ്യാസമാണ് ആദ്യത്തെ സ്ത്രീകൾ വിഷയങ്ങളെ ചിലപ്പോൾ ദൂരെ നിർത്താൻ പറ്റിയെന്ന് പറയത്തില്ല രണ്ടാമത്തെ സ്ത്രീയിൽ വിഷയങ്ങളെ ദൂരെ അതാണ് സമൂഹത്തിൽ നിന്ന് മാറി ആശ്രമത്തിനും മറ്റുമൊക്കെ പോയി താമസിക്കുന്നത് സ്റ്റേജ് അതാണ് അവിടെ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക വിഷയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്സിനെ ഒരു തന്നെ സാധ്യമേ മനസ്സിന് യഥാ ചർമ്മാശം മനവാശത്തെ ഒരു പേപ്പർ പോലെ ചുരുട്ടി കക്ഷത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളാണ് ആകാശത്തെ നമ്മൾ പേപ്പർ പോലെ ചുരുട്ടിയെടുത്ത് നമ്മുടെ വെച്ചുകൊണ്ട് നടക്കുകയാണ് നിസ്സാരമായി അന്ന് കഴിയുമ്പോൾ അന്ന് മനസ്സിനെ പൂർണ്ണമായും ജയിക്കാൻ കഴിയുമെന്നാണ് എന്നാൽ അസാധ്യമായ കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നത് ചുരുട്ടിയും അസാധ്യമല്ല അസാധ്യമല്ലാന്ന് വെച്ചാൽ അപൂർവം സുഹൃത്തുക്കൾക്കും സാധ്യമാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേഷമ്യമുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അങ്ങനെ നദി യേസിനെ പോലെയുള്ളവർക്ക് പറ്റും എല്ലാ സാഹചര്യങ്ങളും മുമ്പിൽ വന്നിട്ടുണ്ടെന്ന് യേഴ്സ് എനിക്ക് ആവശ്യമുണ്ടാകുന്നു പക്ഷെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ എത്ര അഭ്യാസം നടത്തിക്കൊണ്ടിരുന്നാലും ശരി മനസ്സ് അഭ്യാസത്തിന് നീക്കത്തില്ല വിഷയങ്ങളുടെ പിറകിലെ പോകത്തു എന്നുവച്ചാൽ ഒന്നാമത്തെ ഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെ ഘട്ടമാണ് സ്വതമാണ് വ്യതിരേഖന്ന് പറയുന്നത് പിന്നെ അവിടെ മനസ്സിനെ പരീക്ഷിക്കാനൊന്നും ഒരു ഉറമ്പ ശരിയാകത്തില്ല ഏതാണോ ശരിയുണ്ടാകത്തതെന്ന് പറയുന്നത് അവിടെ ഒന്നും മാറി തന്നെ ഇല്ല വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് മനസ്സിന് നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സാധന സമുദ്രമാണ് ഞാൻ എന്റെ മനസ്സിന് ശക്തി കൊണ്ടുവന്നു പരീക്ഷിക്കാമെന്ന് വരുമ്പോട്ട് വിഷയങ്ങളെ സമീപിക്കുകയാണെങ്കിൽ മനസ്സ് പറ്റിപ്പോകും യാതൊരു സംശയമില്ല പരീക്ഷിക്കാതിരിക്കലും പറ്റിയ ഒരു സാധനം എന്റെ മനസ്സെന്ന് പറയുന്നു മനസ്സിന് വെച്ചാർത്ഥം ഒരിക്കലും ഒരു സാധനം മനസ്സിന് ഒരു പരീക്ഷണം വസ്തുവായിട്ട് ഈ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉപയോഗിച്ചു കഴിഞ്ഞാൽ നൂറ് അതുകൊണ്ട് വ്യതിരേകു പറയുമ്പോൾ ചെയ്യുന്നു വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നു അവിടെ നീ സന്യാസത്തിന്റെയും മൊത്തം പ്രസക്തി വരും ലൗകിക ജീവിതത്തിൽ നിന്ന് വെള്ളം മാറിയിരിക്കുന്നു അതിൽ നിന്നുകൊണ്ട് മനസ്സിന് വലിയ അസാധ്യമാണ് സാധ്യമാണ് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറും പൊള്ളയായ അവകാശമാണ് ഒരിക്കലും നടക്കുന്ന കാര്യമാണ് മാറിയിരുന്നത് വ്യതിരേകം അതാണ് രണ്ടാമത്തെ ബലാത്കാരമായി വിഷയങ്ങളെ ഉപേക്ഷിക്കുന്നു പറയാം അപ്പൊ ഉടനെ നമ്മൾ ചോദിക്കും അങ്ങനെ ബലാത്കാരമായി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വാസന ഉണ്ടെങ്കിൽ മനസ്സിൽ നിക്കത്തിനെ വിഷയിച്ച അതിനാണ് നടത്തു പറയുന്നത് ഏകേന്ദ്രിയം എന്ന് പറയും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവും പറയുന്നത് ബലാത്കാരമായി വിഷയത്തെ ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ പോയിരുന്നാലും മനസ്സിലൊന്നും അത് പോകത്തില്ല അതാണ് ഏകേന്ദ്രിയം എന്ന് പറയുന്നത് മനസ്സിൽ നിൽക്കും പക്ഷേ ാഹ്യമായ ശരീര ഇന്ദ്രിയപരമായ വിഷയാനുഭവങ്ങളില്ല എന്നുള്ള ഒരു മെച്ചമാണ് അതൊരു നേട്ടമാണ് അതിനു മുമ്പുള്ള അവസ്ഥകളിൽ അതും ഒഴിവാക്കാൻ പറ്റുന്നില്ല ശാരീരികമായ ഇന്ദ്രിയപരമായ വിഷയാനുഭവങ്ങളെ ഒഴിവാക്കിയിട്ട് ആ വിഷയാനുഭവങ്ങളുടെ തലത്തിൽ നിന്നും മനസ്സ് മാറി കേവലം ആ മനസ്സിന്റെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥ അത് പുരോഗതിയാണ് യഥമാനം ബെതിരേം എന്ന് പറയുന്ന രണ്ടവസ്ഥയിൽ നിന്നും പുരോഗതി ഉള്ള സ്ഥലമാണ് ഏകേന്ദ്രിയം എന്ന് പറയുന്ന വൈരാഗ്യാവസ്ഥ മനസ്സിലുണ്ട് അപ്പം മനസ്സിൽ സങ്കല്പങ്ങൾ കാണും ആഗ്രഹങ്ങൾ കാണും പക്ഷെ ആ ആഗ്രഹങ്ങളെന്തെയ്യുന്നു നിയന്ത്രിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മനസ്സുകൊണ്ടിരുന്നു വിഷയങ്ങൾ അനുഭവിച്ചു അത് ശാരീരികമായി വിഷയാനുഭവങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു നേട്ടം ഉണ്ട് മാനസികമായി മാത്രം പക്ഷെ ഒരു വൈരാഗ്യത്തെ അഭ്യസിക്കുന്നവരാണ് സംബന്ധിച്ചിടത്തോളം അയാളൊരു മിഥ്യാചരണമെന്നും വ്യത്യാസമാണ് മിഥ്യാചാരണം എന്ന് പറയുമ്പോൾ മനസ്സിലെ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടേരിക്കുന്നു നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏകേന്ദ്രീയം എന്ന് പറയുമ്പോൾ ഏകേന്ദ്രീയമാകുന്ന മനസ്സിൽ വിഷയ ഇച്ഛ വിഷയവാസനകൾ എല്ലാം ഉണ്ടെങ്കിലും അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിനെ നിയന്ത്രിക്കുന്ന ആ പ്രക്രിയ ഒരിക്കലും ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ആത്മബലം കൊണ്ട് ആത്മബലം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ബലം നമ്മൾ ആർജിക്കുന്ന സംസ്കാരം മനസ്സിന് ബലം അല്ലെങ്കിൽ നമ്മുടെ അഭ്യാസങ്ങൾ കടയോഗം പോലെയുള്ള യോഗ പരിശീലനങ്ങൾ കൊണ്ടൊക്കെ മനസ്സിന് ബലമുണ്ടാക്കി പ്രാണായാമം പോലുള്ള കുരികളൊക്കെ ചെയ്തു മനസ്സിന് ബലമുണ്ടാക്കി ആ ബലം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്ന അങ്ങനെയുള്ള ആത്മബലം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്ന അതിനൊരു ഒരു പരിപാടും ഇവിടെ യഥമാന വ്യതിരേത വൈരാഗ്യങ്ങളൊക്കെ പരിശീലിക്കുന്നിടത്തേ അത് പറ്റും സ്വന്തം ബലം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കും ആ ബലം കൊണ്ടുള്ള മനസ്സിന്റെ നിയന്ത്രണമാണ് ത്യാഗം എന്ന് വിഷയങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കിവയ്ക്കുന്നു എനിക്കിത് വേണ്ട അത് ഞാൻ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു വിഷയത്തെ ബാഹ്യനെ ഉപേക്ഷിച്ചിട്ട് മാറിയിരിക്കും അവിടേക്ക് ആത്മബിലോകൻ ആവശ്യമാണ് സന്യാസത്തിനും മറ്റും ആത്മബിലോണത്തിനെ പറ്റും അല്ലാത്തവർ ഭയമാണ് പക്ഷെ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല കാരണം ഏകേന്ദ്രിയം എന്ന് പറഞ്ഞ ആ മനസ്സ് മനസ്സിന് വാസനാരൂപത്തിൽ ഇരിക്കുന്ന ഇവയെ മനുഷ്യന്റെ ആത്മബലം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ആത്മബലം കൊണ്ട് കഴിയുന്നത് ബാഹ്യമായ വിഷയത്യാഗം അതായത് ഒഴിഞ്ഞിരിക്കാം നമുക്ക് ഗുഹയിൽ പോയിരിക്കാം കടിച്ചു പിടിച്ചിരിക്കാം നാശി പിടിച്ചിരിക്കാം അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയിരിക്കാം മനുഷ്യനുമായിട്ട് ഇടപെടുന്നില്ലെങ്കിൽ ഗുഹയ്ക്ക് ഇരിക്കാമെന്നൊക്കെ പറയാം അതൊക്കെ ഒരു വാശിയാണ് അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം ബലമുള്ളവനത് പറ്റും അങ്ങനെയുള്ള ത്യാഗത്തുണ്ട് കർശനമായ ജീവിത ക്രമങ്ങൾ ജീവിത നിഷ്ഠകള് നിയമങ്ങളെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അങ്ങനെ പറ്റും പക്ഷെ അത് യഥമാനം വ്യതിരഹിതം ഈ സന്ദർഭങ്ങളിൽ അതുകൊണ്ട് കാരണം അതുകൊണ്ട് ജീവിത വിഷയങ്ങൾ ഒഴിയുന്നു ബാഹ്യമായത് മനസ്സിൽ പറയുന്ന അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിയന്ത്രണമെന്ന് പറയുന്നത് സമകരമായ മനസ്സിന്റെ വിഷയങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് അത് ആത്മബലം കൊണ്ട് പറ്റില്ല എന്നുവെച്ചാൽ ലേശമെങ്കിലും അഹന്തയുടെ സ്പർശം കൊണ്ടത് സാധ്യമല്ല എന്നത് ഈശ്വരകൃപ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ ശേഷം കാര്യം അല്ലെങ്കിൽ ഗുരു കൃപ കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ പിന്നീടുള്ള കാര്യങ്ങൾ അല്ലാതെ കാരണം പിന്നീടുള്ള ആ വൈരാഗ്യം എന്ന് പറയുന്നത് മനസ്സിന് അഹന്തയൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതിനെ നശിപ്പിക്കുന്നതിന് ഒരിക്കലും അത് തന്നെ സഹായം വേണം അങ്ങനെ അവിടെയുണ്ട് ഗുരുവിന്റെയും ഈശ്വര കൃപയുടെ ആവശ്യമാണ് എന്നാലും സാധിക്കട്ടോ തന്നിന് തന്റെ മനസ്സുകൊണ്ട് തന്നെ തന്റെ മനസ്സിന് നിയന്ത്രിക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വാസന പൂരിതമായ മനസ്സിന്റെ ഒരു ഭാഗമാണ് അതിന് വേണ്ടി ശ്രമിക്കുന്നത് മറുഭാഗത്തെ ജയിക്കാം അപ്പൊ മനസ്സ് തന്നെ ും മനസ്സിനെ ജയിക്കാൻ അതിന് ആഗ്രഹമില്ലല്ലോ കാരണം അതിന്റെ ഒരു ഭാഗത്തെ ജയിക്കാൻ വേറൊരു ഭാഗം ശ്രമിക്കുകയാണ് മനസ്സിനെ ജയിക്കാൻ വേണ്ടി ആണ്ടക്കണത്തിന്റെ ഒരു ഭാഗമായി അഹന്ത ശ്രമിക്കുകയാണ് അതങ്ങനെ വിജയിക്കും അങ്ങനെ ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല കാരണം അതിൽ തന്നെയാണ് ഈ വാസനകളും പ്രലോഭനങ്ങളും ഇരിക്കുന്നത് അത് തന്നെയാണ് പരിശ്രമിക്കുന്നത് നശിപ്പിക്കാൻ രണ്ടു ഒരാളാ ചെയ്യുന്നു മനസ്സ് അത്തരം പരിശ്രമത്തിന് ഏറ്റവും ദാത്മകമായി നീക്കത്തുള്ളൂ ചില സമയം ഒരുപക്ഷത്തേക്കും ചില സമയം മറുപക്ഷത്തേക്കും ചില സമയം മനസ്സ് വിഷയോന്മുഖമായിരിക്കും ചില സമയം മനസ്സ് വിരക്തമായിരിക്കും ആണ് ഈ പരിശ്രമത്തിൽ വരുന്ന ഒരു ദോഷം ബാഹ്യമായ ഒരു ശക്തിയുടെ സഹായം വേണം അവർക്ക് എന്നാൽ മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റുന്നത് അനുഗ്രഹം എന്ന് നമ്മൾ പറയുന്നതാണ് അദൃശ്യമായ അനുഗ്രഹം അതെങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അത് പ്രവർത്തിക്കണം അവിടെ നിന്നൊരു ഗുരുവിന്റെ ആവശ്യം വരും മഹാവിഷ്ണുന്റെ ആവശ്യം സഹായം വരുന്ന അവിടെയാണ് അങ്ങനെ മനസ്സിന് നിയന്ത്രിക്കുന്ന ഘട്ടമാണ് ഏകേന്ദ്രിയെന്ന് പറയുന്ന ഘട്ടം അത് കഴിഞ്ഞ മനസ്സിന് എത്രമാത്രം ആ മനസ്സിന്റെ നിയന്ത്രണം നിരോധം ഒരാൾക്ക് ആത്മവിധി പ്രാപിക്കുന്നതിന് ആവശ്യമാണോ അത്രമാത്രം നേരി അത്രമാത്രമെന്ന് അറിയാൻ പറ്റൂ എല്ലാ കൂടിയും മനസ്സ് വാസനാരൂപത്തിൽ വിക്ഷിപ്തമായി എത്രമാത്രം വരാശ്യമുണ്ടോ അത്രയും നിയന്ത്രിക്കുക ഈശ്വര ക്രമമുണ്ട് അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായ ഈശ്വര സമർപ്പണവും മറ്റും വരുന്നു അഹന്ത മുൻനിർത്തിയുള്ള എല്ലാ പരിശ്രമങ്ങളും അവസാനിപ്പിച്ച് അവസാനം ഈശ്വരന്റെ അടിയറവ് പറയുന്ന ഒരവസ്ഥ വരും വഴ അവസ്ഥയാണ് ശാസനങ്ങൾ പറയുന്ന ഏകേന്ദ്രിക വൈരാഗ്യം എന്ന് പറയുന്നത് അവിടെ നോക്കുന്ന പരിശ്രമങ്ങൾ അഭ്യാസങ്ങളെല്ലാം പൂർണമായ സമ്പൂർണമായ സ്വന്തം പരാജയെ സമ്മതിച്ചുകൊണ്ടുള്ള പരിശ്രമങ്ങളാണ് ആ പരിശ്രമത്തിന്റെ പരിപക്തമായ ആസ്ഥയിലാണ് മനഃശുദ്ധി എന്ന് പറയുന്നത് ചിത്തശുദ്ധി എന്ന് പറയുന്നത് അവിടെയാണ് സംഭവിക്കുന്നത് അപ്പോഴേ സംഭവിക്കട്ടുള്ളത് ആ ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തി നേടി ഉണ്ടാകുന്ന വൈരാഗ്യത്തെയാണ് വശീകാരം എന്നും ജോ ശാസനത്തിനും മറ്റെല്ലാ ശാസനങ്ങളും പറയുന്നു ഈ എല്ലാ പടങ്ങളും ആത്മജ്ഞാനത്തിലൂടെ മനസ്സിന് എത്തിച്ചേരുന്ന വൈരാഗ്യം വശീകാരം അവിടെയാണ് മനസ്സിൽ വൈരാഗ്യ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഏകേന്ദ്രിയം വരെ സാധനങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഏകേന്ദ്രിയ പൂർണ്ണമായ ആത്മസമർപ്പണം ഈശ്വര സമർപ്പണമാണ് അവിടുത്തെ സാധന മനസ്സിന് നിയന്ത്രിക്കുന്നതിന് വസീകാരങ്ങളും ചില സാധനങ്ങളൊന്നുമില്ല മനസ്സ് സഹജമായ ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു അപ്പം മാത്രമേ ഒരാളെ വിരക്തനെന്ന് പറയാൻ പറ്റൂ സഹജമായി മനസ്സ് നിർവിഷയമായിരിക്കുന്ന അവസ്ഥ അത് ജ്ഞാനത്തിന്റെ പൂർണത വൈരാഗ്യത്തിന്റെ പൂർണ്ണത അവിടെ പിന്നെ രണ്ടല്ല ഒന്നാണ് ജ്ഞാനവും വിവേകവും തമ്മിൽ വൈരാഗ്യവും വിവേകവും തന്നെ അവിടെ വേദനയിരിക്കുന്നുണ്ട് രണ്ടും ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നു അവിടുത്തെ വൈരാഗ്യം തന്നെ വിവേകം വിവേകം തന്നെ വൈരാഗ്യം അത് സ്ഥിരപരത്തിന്റെ അവസ്ഥയെന്നോ ഗുണാതീതന്റെ അവസ്ഥയെന്നോ ഇന്ന് മോശന്റെ അവസ്ഥന്നൊക്കെ പറയാം അത് വേണ്ടി പറയുന്ന വശീകാരം എന്ന് പറയുന്ന വൈരാഗം സഹജമായി തന്നെ ആ സഹജമായിരിക്കുന്ന അവസ്ഥയിൽ പോലും മനസ്സിൽ പ്രാരബ്ധ രൂപത്തിൽ നിക്ഷേപങ്ങൾ നിലകുക എന്ന് പറയുന്നുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് ശാസ്ത്രങ്ങൾ തന്നെ നമ്മളെ പോകുന്നു പക്ഷെ അതൊന്നും ബന്ധിക്കത്തില്ല ബന്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതും നിക്ഷേപമാണ് മനസിന്റെ അതിന് വാസനാക്ഷയം കൊണ്ടും മറ്റും നശിപ്പിക്കണമാണ് എന്നും മറ്റും പറയുന്നുണ്ട് അത് വിഷയം നമ്മൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കൂടുതൽ പക്ഷെ അതിനുമുമ്പോളാം ഒരു സാധുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പടികളിലൂടെയൊക്കെ കടന്നു പോകണം ഈ പ്രധാനപ്പെട്ട പണികളിലൂടെ യഥമാനം വ്യതിരേകം ഏകേന്ദ്രിയം എന്ന് പറയുന്ന ഈ മൂന്ന് ചടവുകളിലൂടെയും കടന്നു പോയാൽ മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ പിന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് ഉള്ള ടെക്നിക്കുകളും അതിലൊക്കെ ഒരുപാടുണ്ട് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് ഒരുപാട് പക്ഷെ അത് പ്രയോജനമില്ലാത്താണെന്ന് പറയുന്നില്ല അതൊക്കെ ഒരു താൽക്കാലികമായ മനസ്സിന്റെ ഒരു ശാന്തിക്ക് ഒരു പ്രശ്നം എടുക്കാൻ സഹായിക്കും ഒരു ആത്മീയ സാധനങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല ദൈനംദിന ജീവിതത്തിൽ ക്ലേശങ്ങളെടുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു മനഃശാന്തിക്ക് വേണ്ടിയിട്ട് അത്തരം ടെക്നിക്കുകളൊക്കെ സ്വീകരിക്കാം നമുക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷെ ഇവിടെ പറയുന്നത് ഇവിടെ ആത്മവിദ്യ പ്രാപിക്കുന്നതിനുള്ള മനോനിയന്ത്രണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ മനോനിയന്ത്രണത്തിൽ ഈ പറയുന്ന ഘട്ടംഘട്ടമായിട്ടുള്ള അങ്ങനെ ഒരവസ്ഥയിൽ എത്തിയിരിക്കും പരമമായ അവസ്ഥ ഏകേന്ദ്രിയോ എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇനി അടുത്ത് വശീകാരത്തിലേക്ക് കടന്നാണ് ജ്ഞാനപ്രാപ്തിയോടുകൂടി അവിടെ എത്തിക്കരുത് സഹജമായി തീരും വട്ടമാണ് എതിരേത് എന്ന് പറയുന്ന രണ്ടവസ്ഥകളെയും കടന്നുകൊണ്ട് സാധാരണ ഒരു സ്ഥാപനം സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നിൽക്കുന്നത് യതമാനം കനിഷ്ഠാധികാരികൾ മധ്യമാധികാരികൾ നിൽക്കുന്നത് വ്യതിരേകം ഉത്തമാധികാരികൾ നിൽക്കുന്നത് ഏകേന്ദ്രിയ അങ്ങനെ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ മൂന്നെണ്ണം പറഞ്ഞിരിക്കുന്നത് യതമാനം വ്യതിരേകം ഏകേന്ദ്രിയം കനിഷ്ഠൻ മധ്യമം ഉത്തമം അപ്പം നമ്മൾ ആരാണോ ഉത്തമനാണോ കനിഷ്ഠനാണോ അത് മധ്യമനാണോ എന്നൊക്കെ സ്വയം തീരുമാനിച്ചോളൂ എന്തായാലും ബാഹ്യമായി വിഷയങ്ങളെ തെളിയിച്ചിരിക്കുന്ന ആണ് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അയാള് ഒരു മധ്യമാധികാരികൾ അതിലീതി സന്യാസത്തിലൊക്കെ നിൽക്കുന്ന മധ്യമ അധികാരികളാണ് ബാഹ്യമായ വിഷയം ത്യാഗത്തിന് അവിടെ സാധാരണ നമ്മൾ ജീവിതത്തിലിരുന്ന് ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെല്ലാം കനിഷ്ഠാധികാരികളാണ് ഏകമാന വൈരാഗ്യത്തിലാണ് അവർക്ക് അവർക്ക് വിഷയങ്ങളെ തെളിയിക്കാൻ പറ്റുന്നില്ല വിഷയങ്ങളെ തെളിയിച്ച ആശ്രമത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ മധ്യമ നിലയിലെത്തും അവിടെ ഇരുന്നു കൊണ്ടും അവിടെ അവിടെ ഇരുന്നു കൊണ്ടും പൂർണമായും മനസ്സിനെ ബാഷ്യമായ വിഷയങ്ങളിൽ നിന്നും വിഷയാനുഭവങ്ങളിൽ നിന്നും ശരീര ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് എത്തിച്ചേരുന്നതാണ് ഏകേന്ദ്രിയാണ് പറയുന്നത് ബ്രഹ്മഗിരി സന്യാസം ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ബ്രഹ്മാരി ആയിരിക്കുമ്പോ അയാള് നിത്രിയകൾ എന്ന് പറയുന്ന അവസ്ഥയിലാണ് അവിടെ നിന്ന് ഈ സന്യാസം എന്ന് പറയുന്നത് സ്വീകരിക്കുന്നത് ഏകേന്ദ്രിയെന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് അപ്പൊ അയാൾ പൂർണ്ണമായും ഇനി എന്താണ് ഈ ജന്മത്തിൽ ഇനി ഭൗതികമായ വിഷയാനുഭവങ്ങളില്ല അത് പൂർണ്ണമായി സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ച് മാനസികമായുള്ള ദൃഢനിശ്ചയത്തോടുകൂടി അയാള് സന്യാസം സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞ ഒരാൾ പിന്നീട് തിരിച്ചു പോവാൻ ഛാസ്ത്രമെന്ന് അവകാശം കൊടുക്കുക അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട് സന്യാസം സ്വീകരിച്ച ഒരാൾ ഗൃഹസ്ഥനാണ് അതിന് പറ്റുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് അത്രയും മാനസികമായ പക്വത വന്നതിനുശേഷം ആ ഒരു ഘട്ടത്തിലേക്ക് ഒരാൾ കടക്കാവും അപ്പോഴെ പൂർണ്ണമായും ബാഹ്യമായ ത്യാഗം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാലും അതൊരു സാധനയാണ് കാരണം ഏഴോന്തിരിയോം വരുന്നൊരു അവസ്ഥയുണ്ട് സന്യാസി മാത്ര കരണം വിശുദ്ധനെന്നല്ല നമ്മൾ കരുതുന്നത് പോലെ അപ്പം അവിടെയും മാനസികമായ യജ്ഞം പിന്നെ ആവശ്യമാണ് പക്ഷേ അവിടെയുള്ള യജ്ഞം എന്ന് നേരത്തെ വരുന്നുണ്ട് അഭന്ധ മുൻനിത്തിയ യനങ്ങളൊന്നും പിന്നെ സാധ്യമല്ല സന്യാസിന്ന് പറയുമ്പോൾ അത്ര ഒരു പക്വഴയും മാനസികമായി എത്തിയിരിക്കും പിന്നീട് ഈശ്വര സമർപ്പണം അല്ലെങ്കിൽ ഗുരു കണ്ടുവന്നതല്ല ഗുരു അനുഗ്രഹം കൊണ്ടാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരേണ്ടത് അവിടെ അവിടെയും തെറ്റുന്നതിനുള്ള സാധ്യത പഴയതുപോലെ തന്നെയുണ്ട് വീണ്ടും തെറ്റിപ്പോകുന്നതിന് ദഹഷനാകുന്നതിനുള്ള സാധ്യതയുണ്ട് അത് അവിടെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അവിടെയും വളരെ ശ്രദ്ധിച്ച് പരിപൂർണമായ സമർപ്പണത്തോടുകൂടി ഒരാൾ പരിശ്രമിച്ചു അതുകൊണ്ടാണ് ഗുരു ശിഷ്യനും പരീക്ഷിച്ചോ ഇയാളിനി യോഗ്യതയുണ്ടോ ഗുരു പറയാൻ എനിക്ക് സന്യാസി ആകണമെന്ന് പറയും അതിന്റെ ശിഷ്യൻ ആവശ്യപ്പെടുന്നതിൽ എനിക്ക് സന്യാസിയാവണമെന്ന് പറയും ഗുരു സന്യാസിയാക്കത്തില്ല ഗുരുവരെ ഇയാൾക്കുള്ള യോഗ്യതയുണ്ടോ ഇയാളുടെ മനസ്സിന് അങ്ങനെ ഒരു സമർപ്പണഭാവം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഇയാൾ ഈ രണ്ട് ഘട്ടങ്ങളും കടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ശിഷ്യനെ സന്യാസം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് ഒരു ഗുരു പിടിച്ചു കയറ്റത്തോ അല്ലെങ്കിൽ ശിഷ്യന് വരും അപകടം അതിനു മുന്നേ അപകടമാണ് ഗുരുവിനെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഏകേന്ദ്രിയെന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ആണ് ഒരു സന്യാസിയുടെ മനസ്സ് ഇരിക്കേണ്ടതെന്നാണ് വായ്പ ആചാര്യന്മാരുടെ ഉപദേശവും ശാസ്ത്രങ്ങളുടെ ഉപദേശമൊക്കെ അങ്ങനെയാണ് പിന്നെ ആർക്കെങ്കിലും പ്രാരബ്ദവിശേഷം കൊണ്ട് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ ഈശ്വരം എന്ന് വിചാരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് സന്യാസിയുടെ അവസ്ഥ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നദികേശയുടെ ഇങ്ങനെ ഓരോന്നായിട്ട് വിശദീകരിച്ച് വിശദീകരിച്ച് പറയുന്നത് നദികേശിനെ കൊണ്ടിവിടെ കൂടുതൽ സംസാരിപ്പിക്കുന്നതും ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇത്തരം ഘട്ടങ്ങളെല്ലാം മനസ്സ് കടന്ന് കടന്ന് പോയി അവിടെ ആ സന്യാസം എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെയാണ് സർവ്വകർമ്മ സന്യാസവുമായിട്ട് ശങ്കരാചാര്യരെ നിർദ്ദേശിക്കുന്നത് അപ്പൊ അതിനവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വെളിപ്പെടുത്തിയിരിക്കും അത് വെളിപ്പെടുന്നപ്പോ വിഷയങ്ങളിൽ നടന്നിരിക്കുമ്പോ സാധാരണ മനസ്സെന്ന് പറയുന്നത് ശ്മശാനത്തിലിരിക്കുന്ന കഴുകനെ പോലെ ശ്മശാനത്തിലിരിക്കുന്ന കഴുകനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരക്തനാണെന്ന് വെറുതെ ഇരിക്കയാണ് പുറത്തേക്ക് ഒരു പണിയും ചെയ്യുന്നുണ്ട് വെറുതെ ഇരിക്കുന്നു സാമി പക്ഷെ അവൻ അല്ലെങ്കിൽ ശ്രമം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉള്ളിലൊരു പ്രതീക്ഷയാണ് അത് കിട്ടാത്തോണ്ട് പ്രതീകരിക്കാണ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവന്റെ പണി തുടങ്ങും കുത്തി പഠിക്കാൻ ഈ മനസ്സെന്ന് പറയുന്നത് അതിനെ ബാഹ്യമായ വിഷയങ്ങളെയൊക്കെ തെയിച്ചിട്ടിരിക്കുന്ന മനസ്സ് ഏകേന്ദ്രയും വ്യതമാനം എന്നൊക്കെ പറയുന്നില്ല മനസ്സങ്ങനെയുള്ളതാണ് അപ്പൊ മനസ്സ് ഇപ്പൊ കുഴപ്പമില്ല മനസ്സ് ഞാൻ മനസ്സിനെ ജയിച്ചു എന്ന് ആരെങ്കിലും അബദ്ധമാണ് വിഷയങ്ങളൊന്നും അകർന്നിരിക്കുന്നുകൊണ്ടാണ് മനസ്സ് ശാന്തമായിരിക്കുന്നത് മനസ്സിന് വീക്കുന്ന അവകാശപ്പെടുന്ന ഏതൊരുവന്റെ മനസ്സും എത്ര വലിയ ആളായിക്കൊള്ളണം വിഷയങ്ങളുമായി അനിയന്ത്രിതമായി ഇടപഴകുന്ന അവസരം വന്നു കഴിഞ്ഞാൽ മനസ്സ് തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ആരും സംഘം ഫല ഇത് സന്യാസിമാരും സന്യാസിമാരുടെ സമൂഹത്തിൽ എന്ന് പറയുന്നതാണ് ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞു ലൗകികന്മാരുമായിട്ട് പരിധി വിട്ട് ഇടപെടാൻ പാടില്ല എന്നുവെച്ചാൽ കാമസസ്രോത വികാരം അടിമപ്പെട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുമായിട്ട് അങ്ങനെ ഇടപെട്ടുകഴിഞ്ഞാൽ വിഷയങ്ങളുമായിട്ട് കൂടുതൽ ഇടപെട്ടു കഴിഞ്ഞാൽ അനിയന്ത്രിതമായി ഇടപെട്ടു കഴിഞ്ഞാൽ എന്റെ മനസ്സ് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഒന്നും ബാധിക്കത്തില്ല എന്നുള്ള അതിരുന്ന ആത്മവിശ്വാസം കൊണ്ടും മനസ്സിനെ പരീക്ഷിക്കാൻ ഒരു സന്യാസി നോക്കഴിഞ്ഞാൽ സ്വലങ്ങിന് യാതൊരു സംശയമില്ല പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മെച്ചപ്പെടുത്താൻ ഒക്കത്തില്ല പിന്നെ അതിൻ്റെ സ്വയം രക്ഷിക്കുന്നു അന്ന് ഒരു വിശ്വസിക്കാനൊക്കത്തില്ല ഒരു സാധനം മനസ്സിനെ ഒരിക്കലും പരീക്ഷിക്കാനും പാടില്ല എന്നു പരീക്ഷ എങ്ങനെയാണോ പരീക്ഷിച്ചാൽ ഒരു നഷ്ടക്കച്ചവടമായിരിക്കും ഒരിക്കലും അതിൻ്റെ ലാഭം അതുകൊണ്ട് ഈ രണ്ടു കാര്യങ്ങളും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്ന വേണ്ടിയാണ് അതിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ തന്നെ ജീവിക്കുന്നത് സമൂഹ ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെട്ടു തന്നെ സമൂഹത്തിൽ നിന്നും മാറി തന്നെ ജീവിക്കും അതിന് ആശ്രമങ്ങളൊക്കെ വച്ചിരിക്കുന്നത് നമ്മുടെ സമ്പ്രദായങ്ങളും പരമ്പരകളും ഒക്കെ ഗുരുക്കന്മാരിങ്ങനെ വച്ചിരിക്കുന്നത് അപ്പൊ ആ സംഘത്തിൽ ഒരുപോലെ അങ്ങനെ കയ്യിൽ നടത്തോളം കാലം മനസ്സു നേരെയായിരിക്കും എന്നാണോ ഇതൊരു രക്ഷാകവചാണ് ഈ രക്ഷാകലയത്തെ ഭേദിച്ച് ലക്ഷ്മണരേഖന്ന് പറയുന്നത് ഇതിനെ ഭേദിച്ച് ആരാണോ പുറത്തു പോകുന്നു അവനൊപ്പം തന്നെ അവിടെയാണ് ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നത് ഒരു ഗുരുവിന്റെ ശക്തി നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാണോ ആ രക്ഷാകവചത്തെ ഭേദിച്ചിട്ടൊരാൾ സ്വാതന്ത്ര്യനായി പോകാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് ആ നിമിഷമാണ് മെസ്സിരി ഇതിനെ രക്ഷപ്പെടുത്താൻ ആക്കം കഴിയപ്പെട്ടു അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ചും നമ്മളെയൊക്കെ പോരാമീയ ജീവിക്കണം ആത്മീയം കൊണ്ട് ജീവിക്കുന്നവരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഈ വികസത്തിൽ വളരെ വിശദമായി നിയമ നൽകുകയും സംവാദ രൂപത്തിൽ ഇത് ചർച്ച ചെയ്യുന്നതും ഏറ്റവും വലിയ പ്രാധാന്യം ഇതിന് സൂക്ഷ്മമായിട്ടും അല്ലെങ്കിൽ വിശദമായിട്ടും ആത്മീയവിദ്യ ചർച്ച ചെയ്യുന്ന വംശത്തോട് മണ്ഡിക്കും പറ്റിയൊക്കെ വളരെ ദഹനമായി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ആത്മീയ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം എടുക്കുന്ന ഒരു വൻഷത്ത് കടവത്താണ് കാരണം വായുവ കൊണ്ട് പറഞ്ഞാൽ വഴങ്ങാത്തതും മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ ഗ്രഹിക്കാത്തതുമായിട്ടുള്ള വലിയ തത്വങ്ങൾ പറഞ്ഞിട്ട് കാര്യം അതിനെ സമീപിക്കുന്നതിനുള്ള പ്രായോഗികമായ അനുഷ്ഠാനങ്ങൾ ഇത് യാതാണെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഉപദേശിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല ഇത്തരം സാധനങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തവനാ ഇതൊന്നും യാതൊരു പ്രയോജനവും ചെയ്യത്തില്ല അതുകൊണ്ട് ആ സാധന മാർഗങ്ങളാണെങ്കിൽ ഒരാളെ ഏറ്റവും കൂടുതൽ ബോധവത്കരിക്കുന്ന മനുഷ്യനാണ് കടകർ ഇതേ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന മറ്റു പുനുഷത്തൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് സന്യാസിമാര് ബ്രഹ്മകാരിമാര് എല്ല കൂടുതൽ മന്നം ചെയ്യുന്ന ഒരു വംശത്താണ് വംശത്തിൽ ആ പ്രകാരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം യുസ്മിൻ ഏതൊരു വിഷയത്തിലാണോ മൃത്യു അല്ലെങ്കിൽ മൃത്യുദേവ വിചരിസന്ധി ഇടം വിചരിസന്ധി സംശയിക്കുന്നത്രായി കരണവയത്തെക്കുറിച്ച് മഹതി മഹത്തായ പ്രയോജനമുള്ളതാണത് തത് ആത്മതത്വ ബ്രൂഹി നഹബ്രൂഹി എനിക്ക് ഉപദേശിച്ചു തന്നാലും യോയം വരഹ ഈ വരം ഗൂഢം അതിഗഹനമാണ് അത്രയും സൂക്ഷ്മമാണ് നദികേദ ഈ നദികേദസ് തസ്മാർ ഈ വരത്തിൽ നിന്നും അന്യം അന്യമായിട്ട് നർണിയിലെ മറ്റൊന്നും ആവശ്യപ്പെടത്തില്ല അങ്ങനെ നജികേദന്റെ യോഗ്യതയെ ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് ഗുരുവസത്ത് എന്ന് പറയുന്ന ഒന്നാമത്തെ വലി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത വിമതയതിന്റെ ഉപദേശമാണ് അത് നമ്മൾ തുടർന്ന് ചർച്ച